ീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യദൂഥുന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കു യോസെഫ് നഥന്യാവ് അഷരേല യദൂധുന്യോ യഹോവയെ വാഴ്ത്തിസ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യദൂഥുവിന്റെ കീഴിൽ കെദല്യാവ് സെരി യശയ്യാവ് ഹസബ്യാവ് മഥിത്യാവ് എന്നിങ്ങനെ യദൂഥുന്റെ പുത്രന്മാർ ആറുപേർ ഹേമാന്യരോ ബുക്കിയാവ് മഥന്യാവ് ഉസിയേൽ ഷെബുവേൽ എരിമോത് ഹനന്യാവ് ഹനനി എലിയാഥ ഗിദ്ദൽത്തി രോമതി എസ് യോഷ് ബക്കാശ മല്ലോധി ഹോധിർ മഹസിയോത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ അവന്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തിരുന്നു ഇവരെല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്തങ്ങളുടെ അപ്പന്റെ കീഴിലും അസാഫും യെദൂഥുനും ഹേമാനും രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലും യിരുന്നു യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചിട്ടിട്ടു ഒന്നാമത്തെ ചിട്ട് ആസാഫിനുവേണ്ടി യോസെഫിനു വന്നു രണ്ടാമത്തേത് ഗദല്യാവിനു വന്നു അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂരിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്കു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് കഥന്യാവിനു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യശരയിലേക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യശിയാവിന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് മഥന്യാവിന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസരേലിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് അസബ്യാവിന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശൂബായേലിന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മധിത്യ അവന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് എരിമോത്തിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യ അവന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് യോഷ് ബക്കാഴ്ചയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനെട്ടാമത്തേത് ഹനാനിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്തൊമ്പതാമത്തേത് മല്ലോധിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാഥയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി ഒന്നാമത്തേത് ഖോധീരന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിദ്ദൽത്തിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസിയോത്തിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് രോമന്തി ഏസറിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ